കപടവിശ്വാസികൾ അവരുടെ സഹോദരങ്ങളായ വേദക്കാരിലെ സത്യനിഷേധികളോട് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളോടൊപ്പം പുറത്തു ഒരിക്കലും ഞങ്ങൾ ആരുടെയും വാക്കിന് വഴങ്ങുകയില്ല നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും എന്നാൽ അവർ കള്ളന്മാരാണെന്ന് അള്ളാഹുസുബാനഹുവത്ത ആല സാക്ഷ്യം വഹിക്കുന്നു